േൽ സന്തതികളിൽ നിന്ന് നാം കരാറെടുത്തു അള്ളാഹുസുബഹാനഹുവത്ത് ആലായ അല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥകളോടും ദരിദ്രരോടും നിങ്ങൾ സൽക്കർമ്മം ചെയ്യുക ജനങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കുക നമസ്കാരം നിലനിർത്തുക ജക്കാത്തു നൽകുക എന്നാൽ നിങ്ങളിൽ ചുരുക്കം ചിലരൊഴികെ നിങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞു നിങ്ങൾ മുഖം തിരിച്ചവരായി മാറി